അധ്യായം പത്ത് യോശുവ ഹായി പട്ടണം പിടിച്ച് നിർമ്മൂലമാക്കിയെന്നും അവൻ എരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബയോൻ നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്നും യെരുഷലേം രാജാവായ അധോനി സേദക് കേട്ടപ്പോൾ ഗിബയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു ആകയാൽ യരുഷലേം രാജാവായ അദോനി സേദക് ഹെബ്രോൻ രാജാവായ ഖോഹാമിന്റെയും യർമൂത്ത് രാജാവായ പിരാമിന്റെയും ലാഖീഷ് രാജാവായ യാഹിയയുടെയും യഗ്ലോൻ രാജാവായ ദബീറിന്റെയും അടുക്കൽ ആളയച്ചു ഗിബയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്യുക കൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് പറയിച്ചു ഇങ്ങനെ യരുഷലേം രാജാവ് ഹെബ്രോൻ രാജാവ് എർമൂത്ത് രാജാവ് ലാഖീഷ് രാജാവ് യഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് അമോര്യ രാജാക്കന്മാരും ഒരുമിച്ചുകൂടി അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബയോന് നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ഗിബയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ പർവ്വതങ്ങളിൽ പാർക്കുന്ന അമൂര്യ രാജാക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു എന്നാറെ യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു യഹോവാ യോശുവയോട് അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളിച്ചു യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു രാത്രി മുഴുവനും നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു യഹോവ അവരെ ഇസ്രയേലിന്റെ മുമ്പിൽ കുഴക്കി ഗിബയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു ബെത്ത് ഹേറോനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു അസേക്ക വരെയും മക്കേതവരെയും അവരെ വെട്ടി അങ്ങനെ അവർ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത് കോരോൻ ഇറക്കത്തിൽ വച്ച് അസേക്കവരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്ച്ച് അവരെ കൊന്നു ഇസ്രയേൽ മക്കൾ വാൾകൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു എന്നാൽ യഹോവ അമൂര്യെ ഇസ്രയേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുത്ത ദിവസം ഈ യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രയേൽ മക്കൾ കേൾക്കേ സൂര്യ നീ ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്നു പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രനും നിശ്ചലമായി ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്തത് അനന്തരം യേശുവയും ഇസ്രയേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു എന്നാൽ ആ രാജാക്കന്മാർ ആയി ഓടി മക്കേദയിലെ ഗുഹയിൽ ചെന്ന് രാജാക്കന്മാർ ഐവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവുകിട്ടി എന്നാറോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവച്ച് അവരെ കാക്കേണ്ടതിന് അവിടെ ആളയാക്കുവി നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പി പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒടുങ്ങും വരെ യേശുവയും ഇസ്രയേൽ മക്കളും അവരിൽ ഒരു മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങിവന്നു ഇസ്രയേൽ മക്കളിൽ യാതൊരുത്തിന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവേ എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു യരുസലേം രാജാവ് ഹെബ്രോൻ രാജാവ് യർമൂത്ത് രാജാവ് ലാഖീഷ് രാജാവ് യഗ്ളോൻ രാജാവ് എന്നീ അഞ്ചു രാജാക്കന്മാരെയും നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ യേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽവില്പ്പി എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽവെച്ചു യോശുവ അവരോട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകലാ ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അതിന്റെ ശേഷം യോശുവ അവരെ വെട്ടിക്കൊന്ന് അഞ്ചു മരത്തിന്മേൽ തൂക്കി അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പനപ്രകാരം അവരെ മരത്തിന്മേൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ ഇട്ടു ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരുട്ടിവെച്ചു അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു അന്ന് യോശുവ മക്കേദ പിടിച്ചു വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമ്മൂലമാക്കി ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല അവൻ എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു യോശുവേയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബ്നയ്ക്ക് ചെന്ന് ലിബ്നയോട് യുദ്ധം ചെയ്തു യഹോവ അതിനെയും അതിലെ രാജാവിനെയും േലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല എരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടുത്തെ രാജാവിനോടും ചെയ്തു യേശുവേയും അവനോടുകൂടെ ഇസ്രയേലൊക്കെയും ലിബനയിൽ നിന്ന് ിന് ചെന്ന് അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു യഹോവ ലാഖീഷിനെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അതിനെ രണ്ടാം ദിവസം പിടിച്ചു ലിബനയോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു അപ്പോൾ ഗേസർ രാജാവായ കോരാം ലാഖിഷിനെ സഹായിപ്പാൻ വന്നു എന്നാൽ യോശുവ അവനെയും അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു യോശുവയും ഇസ്രയേലൊക്കെയും ലാഖിഷിൽ നിന്ന് യഗ്ലോന് ചെന്ന് നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു അവർ അന്ന് തന്നെ അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു ലാഖീഷിനോട് ചെയ്തതുപോലെ ഒക്കെയും അവൻ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമ്മൂലമാക്കി യോശുവയും ഇസ്രയേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോന് ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു അവർ അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു അവൻ എഗ്ലോനോട് ചെയ്തതുപോലെയൊക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമ്മൂലമാക്കി പിന്നെ യോശുവെയും എല്ലാ ഇസ്രയേലും തിരിഞ്ഞ് ദബീറിന് ചെന്ന് അതിന്റെ നേരെ യുദ്ധം ചെയ്തു അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് വാളിന്റെ വായത്തലയാൽ സംഹരിച്ചു അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബനയോടും അതിലെ രാജാവിനോടും ചെയ്തതുപോലെയും ദബീറിനോടും അതിലെ രാജാവിനോടും ചെയ്തു ഇങ്ങനെ യോശുവ മലനാട് തെക്കേദേശം താഴ്വീതി മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി ഇസ്രയേലിന്റെ ദൈവമായ ഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തിനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമ്മൂലമാക്കി യോശുവ കാദേശ് ബർണയ മുതൽ ഗസ ഗിബയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും ജയിച്ചടക്കി ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രയേലിനുവേണ്ടി യുദ്ധം ചെയ്തത് പിന്നെ യോശുവയും എല്ലാ ഇസ്രയേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു